യൂണിറ്റ് എയ്റ്റ് ലെസൺ ട്വന്റി നൈൻ ലിസൺ വീട്ടിൽ എല്ലാവരും സുഖമായിരിക്കുന്നോ നായർ നാട്ടിലെ വിശേഷങ്ങൾ എന്തെല്ലാം വീട്ടിൽ എല്ലാവരും സുഖമായിരിക്കുന്നോ തരക്കേടില്ല പക്ഷെ അച്ഛന് വലിയ വിഷമം കാരണം ആൺമക്കൾ കൂടെയില്ല നിന്റെ അനിയൻ ഭാസ്കരനവിടെ ഇല്ലേ അവൻ എന്ത് ചെയ്യുന്നു ജോലിയൊന്നും ചെയ്യുന്നില്ല അവന് പാർട്ടിക്കാര്യം മാത്രമാണല്ലോ ചിന്ത ഊണും ഉറക്കവും കൂടി കഷ്ടിയാണ് പാർട്ടി പ്രചാരണമാണ് രാപ്പകർ ജോലി ഓഹോ അപ്പോൾ ഭാസ്കരൻ ഒരു കുട്ടി നേതാവാണ് അല്ലേ എന്തോ അതൊന്നും എനിക്കറിയില്ല അതിരിക്കട്ടെ ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിയൊക്കെ എങ്ങനെ ഇരിക്കുന്നു എല്ല പതിവ് പോലെ തന്നെ സമരങ്ങളും ജാഥകളും ഇപ്പോൾ അടിയന്തരാവസ്ഥ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് എന്തിനും സ്വാതന്ത്ര്യമുണ്ട് നായർ നിങ്ങളുടെ നാട്ടിൽ സമരവും ജാഥയും ഒക്കെ ഒരു നിത്യപരിപാടിയാണ് അല്ലെ നിങ്ങൾക്കും പണ്ടൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നില്ലേ ഒരു ഉഗ്രൻ വിപ്ലവകാരി ആര് വിക്രമനോ അതെ അവനിപ്പോൾ എന്ത് ചെയ്യുന്നു അതൊരു കഥയാണ് അവൻ പഴയതുപോലെയൊന്നുമല്ല ഇപ്പോൾ അവന് വിപ്ലവവും സമരവും ഒന്നും ഇല്ല കമ്മ്യൂണിസ്റ്റിന്റെ പേരെ അവനിപ്പോൾ പറയുന്നില്ല അതുകൊള്ളാം അങ്ങനെ ഒരു മാറ്റമോ അവനിപ്പോൾ ചെയ്യുന്നില്ലേ ഇല്ല അവനൊരു കൊച്ചു മുതലാളിയാണിപ്പോൾ സ്വന്തം വീടും കാറും തെങ്ങിൻതോട്ടവും ഒക്കെയുണ്ട് അത് കൊള്ളാമല്ലോ കയറു ബിസിനസും ഉണ്ടോ ഉണ്ട് ഒരു ചെറിയ ഫാക്ടറി ഉണ്ട് പിന്നെ ാരും വലിയ പണക്കാരാണ് അങ്ങനെ വരട്ടെ അപ്പോൾ അവന്റെ ഈ ഐശ്വര്യത്തിനെല്ലാം കാരണക്കാർ അവരാണ് അല്ലെ അവരുടെ ഒരു ഔതാര്യം ആയിരിക്കും എന്തോ എനിക്ക് അവന്റെ കാര്യത്തിൽ ഒരു താല്പര്യവുമില്ല പഴയ കൂട്ടുകാരെ അവനിപ്പോൾ ഓർക്കുന്നില്ല മുതലാളിയല്ലേ പിന്നെ അതിന്റെ ഗമയും ഡമ്പുമൊക്കെ കാണിക്കണ്ടേറ്റ് വിശേഷങ്ങൾ എന്തെല്ലാം നായർ നാട്ടിലെ വിശേഷങ്ങൾ എന്തെല്ലാം വീട്ടിലെല്ലാവരും സുഖമായിരിക്കുന്നോ വീട്ടിലെല്ലാവരും സുഖമായിരിക്കുന്നോ ില്ല തരക്കേടില്ല പക്ഷെ അച്ഛന് വലിയ വിഷമം ആണ് പക്ഷെ അച്ഛന് വലിയ വിഷമം കാരണം ആൺമക്കൾ ആരും കാരണം ആൺമക്കളാരും കൂടെയില്ല നിന്റെ അനിയൻ ഭാസ്കരൻ അവിടെ ഇല്ലേ നിന്റെ അനിയൻ ഭാസ്കരൻ അവിടെ ഇല്ലേ അവൻ എന്ത് ചെയ്യുന്നു അവൻ എന്ത് ചെയ്യുന്നു ജോലിയൊന്നും ചെയ്യുന്നില്ല ജോലിയൊന്നും ചെയ്യുന്നില്ല അവന് പാർട്ടിക്കാര്യം മാത്രമാണല്ലോ ചിന്ത അവനു പാർട്ടി കാര്യം മാത്രമാണല്ലോ ചിന്ത ഊണും ഉറക്കവും കൂടി കഷ്ടിയാണ ഊണും ഉറക്കവും കൂടി കഷ്ടിയാണ് പാർട്ടി പ്രചരണമാണ് ചാപ്പകൽ ജോലി പാർട്ടി പ്രചാരണമാണ് രാപ്പകൽ ജോലി ഓഹോ അപ്പോൾ ഭാസ്കരൻ ഒരു കുട്ടി നേതാവാണ് അല്ലെ ഓഹോ അപ്പോൾ ഭാസ്കരൻ ഒരു കുട്ടി നേതാവാണ് അല്ലെ എന്തോ അതൊന്നും എനിക്കറിയില്ല എന്തോ അതൊന്നും എനിക്കറിയില്ല അതിരിക്കട്ടെ ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതി ഒക്കെ എങ്ങനെ ഇരിക്കുന്നു ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിയൊക്കെ എങ്ങനെ ഇരിക്കുന്നു എല്ലാം പതിവ് തന്നെ എല്ലാം പതിവ് തന്നെ സമരങ്ങളും ജാഥകളും സമരങ്ങളും ജാഥകളും ഇപ്പോൾ അടിയന്തരാവസ്ഥ ഒന്നും ഇല്ലല്ലോ ഇപ്പോൾ അടിയന്തരാവസ്ഥ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് എന്തിനും സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് എന്തിനും സ്വാതന്ത്ര്യമുണ്ട് നായർ നിങ്ങളുടെ നാട്ടിൽ സമരവും ജാഥയും ഒക്കെ ഒരു നിത്യ പരിപാടിയാണ് നിങ്ങളുടെ നാട്ടിൽ സമരവും ജാഥയും ഒക്കെ ഒരു നിത്യ പരിപാടിയാണ് അല്ലെ നിങ്ങൾക്കും പണ്ട് ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നില്ലേ നിങ്ങൾക്കും പണ്ട ഒരു കൂട്ടുകാരനുണ്ടായിരുന്നില്ലേ ഒരു ഉഗ്രൻ വിപ്ലവകാരി ഒരു ഉഗ്രൻ വിപ്ലവകാരി ആര് വിക്രമനോ ആര് വിക്രമനോ അതെ അവനിപ്പോൾ എന്ത് ചെയ്യുന്നു അതെ അവനിപ്പോൾ എന്ത് ചെയ്യുന്നു അതൊരു കഥയാണ് അതൊരു കഥയാണ് അവൻ പഴയതുപോലെയൊന്നുമല്ല അവൻ പഴയതുപോലെ ഒന്നുമല്ല ഇപ്പോൾ അവന് വിപ്ലവവും സമരവും ഒന്നും ഇല്ല ഇപ്പോൾ അവന് വിപ്ലവവും സമരവും ഒന്നും ഇല്ല കമ്മ്യൂണിസത്തിന്റെ പേര് അവനിപ്പോൾ പറയുന്നില്ല ില്ല അതുകൊള്ളാം അങ്ങനെ ഒരു മാറ്റമോ അതുകൊള്ളാം അങ്ങനെ ഒരു മാറ്റമോ അവനിപ്പോൾ പാർട്ടി ജോലിയൊന്നും ചെയ്യുന്നില്ലേ കൂടെയില്ല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 അവനു പാർട്ടിക്കാര്യം മാത്രമാണല്ലോ ചിന്ത ഊണും ഉറക്കവും കൂടി കഷ്ടിയാണ് ഊണും ഉറക്കവും കൂടി കഷ്ടിയാണ് പാർട്ടി പ്രചരണമാണ് ചാപ്പകൽ ജോലി പാർട്ടി പ്രചരണമാണ് രാപ്പകൽ ജോലി ഓഹോ അപ്പോൾ ഭാസ്കരൻ ഒരു കുട്ടിനേതാവാണ് അല്ലെ ഓഹോ അപ്പോൾ ഭാസ്കരൻ ഒരു കുട്ടിനേതാവാണ് അല്ലെ എന്തോ അതൊന്നും എനിക്കറിയില്ല അതൊന്നും എനിക്കറിയില്ല അതിരിക്കട്ടെ ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതി ഒക്കെ എങ്ങനെ ഇരിക്കുന്നു അതിരിക്കട്ടെ ഇപ്പോൾ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 നിങ്ങളുടെ നാട്ടിൽ സമരവും ജാഥയും ഒക്കെ ഒരു നിത്യ അല്ലേ അല്ലെ നിങ്ങൾക്കും പണ്ട് ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നില്ലേ നിങ്ങൾക്കും പണ്ട് ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നില്ലേ ഒരു ഉഗ്രൻ വിപ്ലവകാരി ഒരു ഉഗ്രൻ വിപ്ലവകാരി ആരെ വിക്രമനോ ആരെ വിക്രമനോ അതെ അവനിപ്പോൾ എന്ത് ചെയ്യുന്നു അതെ അവനിപ്പോൾ എന്ത് ചെയ്യുന്നു അതൊരു കഥയാണ് അതൊരു കഥയാണ് അവൻ പറഞ്ഞതുപോലെയൊന്നുമല്ല അവൻ പഴയതുപോലെ ഒന്നുമല്ല ഇപ്പോൾ അങ്ങനെ വിപ്ലവവും സമരവും ഒന്നും ഇല്ല ഇപ്പോൾ അവന് വിപ്ലവവും സമരവും ഒന്നും ഇല്ല കമ്മ്യൂണിസത്തിന്റെ പേരെ അവനിപ്പോൾ പറയുന്നില്ല കമ്മ്യൂണിസത്തിന്റെ പേരെ അവനിപ്പോൾ പറയുന്നില്ല അതുകൊള്ളാം അങ്ങനെ ഒരു മാറ്റമോ അതുകൊള്ളാം അങ്ങനെ ഒരു മാറ്റമോ അവനിപ്പോൾ പാർട്ടി ചെയ്യുന്നില്ലേ അവനിപ്പോൾ പാർട്ടി ജോലിയൊന്നും ചെയ്യുന്നില്ലേ ഇല്ല അവനൊരു കൊച്ചു മുതലാളിയാണിപ്പോൾ ഇല്ല അവനൊരു കൊച്ചു മുതലാളിയാണിപ്പോൾ സ്വന്തം വീടും കാറും ചിങ്ങോട്ടവും ഒക്കെയുണ്ട് സ്വന്തം വീടും കാറും ടിൻതോട്ടവും ഒക്കെ ഉണ്ട് അത് കൊള്ളാമല്ലോ കയറ് ബിസിനസ്സും ഉണ്ടോ അത് കൊള്ളാമല്ലോ കയറ് ബിസിനസ്സും ഉണ്ടോ ഉണ്ട് ഒരു ചെറിയ ഫാക്ടറി ഉണ്ട് ഫാക്ടറി ഉണ്ട് പിന്നെ ഭാര്യ വീട്ടുകാരും വലിയ പണക്കാരാണ് പിന്നെ ഭാര്യ വലിയ പണക്കാരാണ് അങ്ങനെ വരട്ടെ അപ്പോൾ അവന്റെ ഈ ഐശ്വര്യത്തിനെല്ലാം കാരണക്കാർ അവരാണ് അല്ലെ അങ്ങനെ വരട്ടെ അപ്പോൾ അവന്റെ െല്ലാം കാരണക്കാർ അവരാണ് അല്ലെ അവരുടെ ഔദാര്യം അവരുടെ ഔദാര്യം എന്തോ എനിക്ക് അവന്റെ കാര്യത്തിൽ ഒരു താൽപര്യവുമില്ല അഞ്ചിക്കും എന്തോ എനിക്ക് അവന്റെ കാര്യത്തിൽ ഒരു താൽപര്യവുമില്ല പഴയ കൂട്ടുകാരെ അവനിപ്പോൾ ഓർക്കുന്നില്ല പഴയ കൂട്ടുകാരെ അവനിപ്പോൾ ഓർക്കുന്നില്ല മുതലാളിയല്ലേ പിന്നെ അതിന്റെ ഭമയും ദമ്പുമൊക്കെ കാണിക്കണ്ടേ ളിയല്ലേ പിന്നെ അതിന്റെ ഗമയും ഡമ്പൊക്കെ കാണിക്കണ്ടേ ഡ്രിൽ വീട്ടിൽ എല്ലാവരും എങ്ങനെയിരിക്കുന്നു വീട്ടിൽ എല്ലാവരും എങ്ങനെയിരിക്കുന്നു കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതി എങ്ങനെ ഇരിക്കുന്നു കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതി എങ്ങനെയിരിക്കുന്നു നിങ്ങളുടെ മകൻ ഇപ്പോൾ എന്തു ചെയ്യുന്നു നിങ്ങളുടെ മകൻ ഇപ്പോൾ എന്തു ചെയ്യുന്നു നീ ഇപ്പോൾ ഏത് പുസ്തകം വായിക്കുന്നു നീ ഇപ്പോൾ ഏത് പുസ്തകം വായിക്കുന്നു അവൻ ഒന്നും ചെയ്യുന്നില്ല അവൻ ഒന്നും ചെയ്യുന്നില്ല ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നില്ല ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നില്ല അദ്ദേഹം നാട്ടിൽ പോകുന്നില്ല അദ്ദേഹം നാട്ടിൽ പോകുന്നില്ല നിന്റെ കൂടെ ഞങ്ങൾ വരുന്നില്ല നിന്റെ കൂടെ ഞങ്ങൾ വരുന്നില്ല ബിൽഡപ് ഡ്രിൽ മോഡൽ ചെയ്യുന്നു എന്ത് എന്ത് ചെയ്യുന്നു ൾ ആൺമക്കൾ എന്ത് ചെയ്യുന്നു നിങ്ങളുടെ നിങ്ങളുടെ ആൺമക്കൾ എന്ത് ചെയ്യുന്നു നൗ ഫോളോ ദോഡൽ പഠിക്കുന്നില്ലേ മലയാളം മലയാളം പഠിക്കുന്നില്ലേ ഇപ്പോൾ ഇപ്പോൾ മലയാളം പഠിക്കുന്നില്ലേ നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ മലയാളം പഠിക്കുന്നില്ലേ ഓർക്കുന്നോ കൂട്ടുകാരെ കൂട്ടുകാരെ ഓർക്കുന്നോ ഒന്നാം ക്ലാസ്സിന് ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരെ ഓർക്കുന്നു ഇപ്പോഴും ഇപ്പോഴും ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരെ ഓർക്കുന്നോ അദ്ദേഹം അദ്ദേഹം ഇപ്പോഴും ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരെ ഓർക്കുന്നു വിളിക്കുന്നു അമ്മയെ അമ്മയെ വിളിക്കുന്നു കുട്ടികൾ കുട്ടികൾ അമ്മയെ വിളിക്കുന്നു എല്ലാ കാര്യത്തിനും കുട്ടികൾ അമ്മയെ വിളിക്കുന്നു സബ്സ്റ്റിറ്റ്യൂഷൻ ഡ്രിൽ അദ്ദേഹം പുതിയ ഭാഷ സംസാരിക്കുന്നു വായിക്കുന്നു അദ്ദേഹം പുതിയ ഭാഷ വായിക്കുന്നു എഴുതുന്നു അദ്ദേഹം പുതിയ ഭാഷ എഴുതുന്നു ഓർക്കുന്നു അദ്ദേഹം പുതിയ ഭാഷ ഓർക്കുന്നു പഠിക്കുന്നു അദ്ദേഹം പുതിയ ഭാഷ പഠിക്കുന്നു ഞങ്ങൾ അദ്ദേഹത്തിന് വിളിക്കുന്നില്ല ശല്യപ്പെടുത്തുന്നില്ല ഞങ്ങൾ അദ്ദേഹത്തിന് ശല്യപ്പെടുത്തുന്നില്ല കാണുന്നില്ല ഞങ്ങൾ അദ്ദേഹത്തിനെ കാണുന്നില്ല ഞങ്ങൾ അദ്ദേഹത്തിന് ഓർക്കുന്നില്ല കമലം വീട്ടിൽ പോകുന്നു വരുന്നു കമലം വീട്ടിൽ വരുന്നു എത്തുന്നു കമലം വീട്ടിൽ എത്തുന്നു ഇരിക്കുന്നു കമലം വീട്ടിൽ ഇരിക്കുന്നു ട്രാൻസ്ഫോർമേഷൻ ഡ്രിൽ മോഡൽ വൺ അവർ നന്നായി ജോലി ചെയ്യുന്നു അവർ നന്നായി ജോലി ചെയ്യുന്നില്ല നൗ ഫോളോ ദ മോഡൽ കുട്ടികൾ പുതിയ ഭാഷകൾ പഠിക്കുന്നു കുട്ടികൾ പുതിയ ഭാഷകൾ പഠിക്കുന്നില്ല അദ്ദേഹം രാധയെ ഫോണിൽ വിളിക്കുന്നു അദ്ദേഹം രാധയെ ഫോണിൽ വിളിക്കുന്നില്ല എല്ലാവരും സമയത്തിന് ക്ലാസ്സിൽ വരുന്നു എല്ലാവരും സമയത്തിന് ക്ലാസിൽ വരുന്നില്ല അവർ ഹോസ്റ്റലിൽ താമസിക്കുന്നു അവർ ഹോസ്റ്റലിൽ താമസിക്കുന്നില്ല ആ കുട്ടി രാവിലെയും ഉച്ചയ്ക്കും ഉറങ്ങുന്നു കുട്ടി രാവിലെയും ഉച്ചയ്ക്കും ഉറങ്ങുന്നില്ല മോഡൽ ടു നീ രാജ്യത്തിനെ ഓർക്കുന്നു നീ രാജ്യത്തിനെ ഓർക്കുന്നു നൗ ഫോളോ ദ മോഡൽ രാമൻ പുതിയ ജോലി ചെയ്യുന്നു രാമൻ പുതിയ ജോലി കുഞ്ഞ് കുടിക്കുന്നു കുഞ്ഞ് പാൽ കുടിക്കുന്നു കാമധേനുവിലെ ആഹാരം അദ്ദേഹം കഴിക്കുന്നു കാമധേനുവിലെ ആഹാരം അദ്ദേഹം കഴിക്കുന്നോ അവർ സിനിമ കാണുന്നു അവർ സിനിമ കാണുന്നോ രാമൻ സിഗററ്റ് വലിക്കുന്നു രാമൻ സിഗരറ്റ് വലിക്കുന്നു മോഡൽ ത്രീ കുട്ടിയെല്ലാം മനസ്സിലാക്കുന്നില്ല കുട്ടി എല്ലാം മനസ്സിലാക്കുന്നില്ലേ നൗ ഫോളോ ദ മോഡൽ അവർ എഴുത്ത് എഴുതുന്നില്ല അവർ എഴുത്ത് എഴുതുന്നില്ല അവൻ തനിച്ച് പോകുന്നില്ല അവൻ തനിച്ച് പോകുന്നില്ല മാർക്കറ്റ് വരെ പോലും അയാൾ നടക്കുന്നില്ല മാർക്കറ്റ് വരെ പോലും അയാൾ നടക്കുന്നില്ലേ അയാൾ ഒരിക്കലും ഇംഗ്ലീഷിൽ സംസാരിക്കുന്നില്ല അയാൾ ഒരിക്കലും ഇംഗ്ലീഷിൽ സംസാരിക്കുന്നില്ലേ പകൽ സമയം അദ്ദേഹം ഉറങ്ങുന്നില്ല പകൽ സമയം അദ്ദേഹം ഉറങ്ങുന്നില്ലേ